ാരെങ്കിലും ഒരു പുണ്യം ചെയ്തു കൊണ്ടുവന്നാൽ അയാൾക്കതിന്റെ പത്ത് മടങ്ങ് പ്രതിഫലമുണ്ട് എന്നാൽ ആരെങ്കിലും ഒരു തിന്മ ചെയ്തു കൊണ്ടുവന്നാൽ അയാൾക്കതിന്റെ തുല്യമായ ശിക്ഷയല്ലാതെ നൽകപ്പെടുകയില്ല അവർ അക്രമിക്കപ്പെടുകയുമില്ല